ക്ഷണമിഷ്ട്രമാണം ഹരി സോവ്യന്ദു സുന്ദരതാദ്രിചൂടാമണിക്ഷിമൂർവ്യാസങ്കരശ്തിമാഖ്യം ദദ്ദേപോദിതം വിപ്രതിപത്തിവ്രാന്തധംസ പ്രഗൽഭവാജാല സുഖമുനിദീപിഷാ പ്രമാണനഖനൃമഹാമോഹമ മൂന്നനമാനം നടത്തി എങ്ങനെ നിദ്രാത്തരകാലോ പൂർവ്വത്തിലെ കാലവും അതുകൊണ്ട് എന്താണ് നിദ്രിണസി ഉറങ്ങുന്നവന് കാലമുണ്ടെന്ന് ശ്രദ്ധിച്ചു ഉറങ്ങുന്നവന് കാലമുണ്ട് പിന്നെ ആ കാലത്തിൽ ആത്മാവുണ്ടെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി എന്തു പറഞ്ഞു ഹനുമാനങ്ങനെ നടത്തി സുഷു കാലീന ആത്മാ അതാണോ ആത്മാവിനെ സിദ്ധിക്കുന്നു നിദ്രാകാല ആത്മാവാൻ കാലത്വാത് നിദ്രാകാല ആത്മാവാന് കാലത്വാദ് നിദ്രാകാലത്തിൽ ആത്മാവുണ്ടെന്ന് സിദ്ധിച്ചു പിന്നെ മൂന്നാമത്തെ അനുമാനം എന്താണ് എന്താണ് സുഷ്ടികീന ആത്മാനാഭാവവാൻ ജ്ഞാനസാമഗ്രി വിരഹ മൂന്നാമത്തെ അനുമാനം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കാർക്കിന് എന്ത് ചെയ്യുന്നത് സൃഷ്ടികാലത്തിൽ ജ്ഞാനാഭാവം ഉണ്ടെന്ന് അനുമാനിക്കുന്നു ജാഗ്രത്തിൽ അനുമാനിക്കുന്നു ശ്രുതി ജ്ഞാനത്തിന്റെ അഭാവം ഉണ്ടെന്ന് ജാഗ്രത്തിൽ അനുമാനിക്കുന്നു അപ്പോ ഇത് എന്താണ് ജ്ഞാനസാമഗ്രി വിരഹം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് ഇത് ചോദിക്കുന്നു ഈ ജ്ഞാനസാമഗ്രി വിരഹം എന്ന് പറയുന്ന ഹേതു നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി പറയുന്നു അത് രണ്ടു കൂട്ടരും സ്വീകരിച്ചേ പറ്റൂ കാരണം നിങ്ങൾക്കും പറയണം അദ്വൈതിക്കും പറയണം സുഹൃത്തി കാലത്തിൽ വിശേഷജ്ഞാനം ഇല്ല അപ്പോൾ അതിന് അനുമാനിക്കുമ്പോൾ നിങ്ങൾക്കും ഏത് പറയേണ്ടി വരും അവിടെ എന്തുകൊണ്ടില്ല ഞാൻ സാമഗ്രിയില്ലാത്ത കൊണ്ടാണ് നിങ്ങൾക്കും പറയേണ്ടി ഇത് ഇവിടെ ഒരു കാര്യം ഇവിടെ പറയുന്നത് എന്താണോ പറയുന്ന വേദാന്തിക്കും സൃഷ്ടികാലത്തിൽ ഘടപടാതി വിശേഷജ്ഞാൻ അഭാവ അനുമാനത്തിലൂടെ ശ്രദ്ധിക്കണം എന്നാ അനുമാനം ഉണ്ടാകത്തില്ല അവിടെ അനുമാനം നടത്തണമെങ്കിൽ എന്തു പറയേണ്ടി വരും ആത്മാ വിശേഷജ്ഞാൻ അഭാവാൻ ജ്ഞാനസാമഗ്രി അഭാവാ പറയേണ്ടി വരും വേറെന്തെങ്കിലും പറയും എന്ന് താർക്കികൻ അദ്വൈതിയോട് പറയുന്നു അപ്പോ പറയുകയുള്ള അങ്ങനെയല്ല സൃഷ്ടികാലത്തിലെ ജ്ഞാനാഭാവത്തെ നേരത്തെ പറഞ്ഞല്ലോ നിർവികല്പക സാക്ഷി വേദ്യമായി ഞങ്ങൾ സ്വീകരിക്കും ജാഗ്രതയെ അനുമാനിക്കേണ്ട കാര്യമില്ല അദ്വൈതിക്ക് പറയാനുണ്ടോ സുഷ്ടികാലത്തിലെ ഭാവത്തെ നിർവികൽപ്പക സാക്ഷി വേദ്യമായി ഞങ്ങൾ സ്വീകരിക്കും അപ്പോ താർക്കം പറയും നിങ്ങളതെങ്ങനെ സ്വീകരിക്കും ഇത് ഈ ഭാഗം രണ്ടു മൂന്ന് തരത്തിൽ മനസ്സിലാക്കാം നിങ്ങൾക്കെങ്ങനെ സ്വീകരിക്കാൻ പറ്റും സുഹൃത്തികാലത്തിലെ ജ്ഞാനാഭാവം നിർവികൽപക സാക്ഷി വേദ്യം പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ താർക്കികം പറയുന്നത് അതിനടുത്ത് പറയുന്നത് ജ്ഞാനാഭാവസ്യ നിരവിൾപ സാക്ഷി വേദ്യതാനംഗീകാര ഇങ്ങനെ താർക്കികം പറയുമ്പോൾ അതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ പറയുന്നത് സൃഷ്ടികാലത്തിൽ ഭാവരൂപാജ്ഞാനം എന്നാണ് അല്ലേ അദ്വൈത സിദ്ധാന്തം ഭാവരൂപ അജ്ഞാനമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാക്ഷി ജ്ഞാനാഭാവത്തെ അറിയുന്നത് അല്ലേ അങ്ങനെയും ചോദിക്കായി ചോദ്യം അദ്വൈതി എന്താ പറയുന്നത് സുഹൃത്തിയിൽ അജ്ഞാനത്തിൻ്റെ അനുഭവം ഉണ്ട് അത് ഭാവരൂപമായ അജ്ഞാനമാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ സുഹൃത്തിയിൽ പിന്നെ ജ്ഞാനാഭാവത്തെ സാക്ഷി അറിയുന്നു എന്നൊക്കെ പറയാൻ പറ്റും പിന്നെ ഇതിന് അദ്വൈതയ്ക്ക് മറുപടി പറയാം എന്താണോ സുഷുതിയിൽ ഞങ്ങൾ ഭാവരൂപ അജ്ഞാനത്തിനെയും അംഗീകരിക്കുന്നു ഞാൻ ആ ഭാവത്തെയും അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു അത് ഏതുപോലെ തമസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ചർച്ച ചെയ്തത് തമസ് തമസ്സെന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു തമസ് എന്ന് പറയുന്നത് ജ്ഞാനത്തിന് വിരോധിയാണ് പ്രകാശത്തിന് സോറി പ്രകാശ് തമസ് പ്രകാശത്തിന് വിരോധിയാണ് അതുകൊണ്ട് തമസ് എന്ന് പറയുന്ന ഉള്ളിടത്ത് പ്രകാശം ഇല്ല അപ്പൊ അവിടെ രണ്ടു കൊണ്ട് എന്താണോ ഭാവരൂപത്തിലുള്ള ദ്രവ്യമായ തമസും പ്രകാശഭാവമുണ്ട് അപ്പം തമസിന്റെ പ്രതീക്ഷം ചാക്ഷുപ്രതീക്ഷ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് ചോദിച്ചു പറഞ്ഞു അത് ഞങ്ങൾ പ്രകാശഭാവം വ്യഞ്ജിപ്പിക്കുന്നു പ്രകാശഭാവ് വ്യഞ്ജകമാണ് വ്യഞ്ജകമായ തമോദ്രവ്യത്തെ പ്രകാശാഭാവം വ്യഞ്ജിപ്പിക്കുന്നതായ തമോദ്രവ്യത്തെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ട് കാണുന്നത് ഈ പ്രകാശഭാവം വ്യഞ്ജിപ്പിക്കുക എന്ന് ചോദിച്ചാൽ എന്താ ആ പ്രകാശഭാവം ഹെൽപ്പ് ചെയ്യുന്നു അത്ര സഹായിക്കുന്നു അല്ലെന്താ വ്യഞ്ജിപ്പിക്കുക അഭാവം എന്താ വ്യഞ്ചിപ്പിക്കുന്നു അപ്പോ പ്രകാശാഭാവം തമോദ്രവ്യത്തെ വ്യഞ്ജിപ്പിക്കുന്നു അത് ഞങ്ങൾ കണ്ടുകൊണ്ട് കാണുന്നു അങ്ങനെ നിങ്ങൾ സ്വീകരിക്കില്ലെങ്കിൽ വരുന്ന ദോഷവും പറഞ്ഞു എന്താണോ ോട് ചോദിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുന്നത് പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ടെന്ന് പറയുന്നു അല്ലേ അപ്പോ അത് നിങ്ങൾക്ക് എങ്ങനെ ചാഷപ്രത്യക്ഷം ഉണ്ടാവും അവിടെ വെളിച്ചമുണ്ടോ വെളിച്ചത്തിന്റെ അഭാവമാണല്ലോ ഇരുട്ട് അതിനാൽ നിങ്ങളും ചാഷപ്രത്യക്ഷ വേണ്ട സ്വീകരിക്കും അതെങ്ങനെ സംഭവിക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് രൂപവത്തായ ഘടത്തിന്റെ അഭാവം ഘടാഭാവം എന്ന് പറയുന്നത് രൂപവത അഭാവമാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചം വേണം അല്ലേ രൂപവത്തായ ഘടത്തിന്റെ അഭാവത്തിനും വെളിച്ചം വേണം അങ്ങനെയാണെങ്കിൽ രൂപവത്തായ പ്രകാശത്തിന്റെ അഭാവത്തിനും എന്ത് വേണം വെളിച്ചം വേണം പക്ഷെ ഇരട്ടിനെ വെളിച്ചം താർക്കി എന്ന് പറയാൻ പറ്റൂ ഇല്ല അപ്പൊ അവിടെ എങ്ങനെയാണോ നിങ്ങൾ വെളിച്ചത്തിന്റെ അഭാവമായിരുന്നിട്ടും വെളിച്ചത്തിന്റെ സഹായം കൂടാതെ ഇരുട്ടിനെ പ്രത്യക്ഷമായി കാണുന്നത് രൂപവത്ത ഭാവം അതുപോലെ ഞങ്ങളും എന്തു ചെയ്യുന്നു തമസുന്നൂന ദ്രവ്യത്തെ വെളിച്ചം കൂടാതെ കണ്ണുകൊണ്ട് കാണും പിന്നെ ഞങ്ങൾക്ക് ഒരു സൗകര്യം എന്താണ് അവിടെ അതിനെ വ്യഞ്ചിപ്പിക്കാൻ വേണ്ടി വെളിച്ചത്തിന്റെ അഭാവവും ഉണ്ട് അതിന്റെ സഹായം കൂടെയുണ്ട് നിങ്ങൾക്കതില്ലല്ലോ നിങ്ങൾ വെളിച്ചത്തിന്റെ അഭാവത്തെ തന്നെ തമസം എന്ന് പറയുന്നതിന്റെ അപ്പോ ചോദിക്കും ഇതെന്ത് തമസം എന്ന് പറയുന്നിടത്ത് വെളിച്ചത്തിന്റെ അഭാവവും തമോദ്രയും ഈ രണ്ടെണ്ണത്തിന് സ്വീകരിക്കുന്ന പക്ഷം വെളിച്ചത്തിന്റെ അഭാവത്തെ സ്വീകരിച്ചാൽ പോയെ അപ്രാ എന്തുകൊണ്ട് കാരണം അവിടെ പ്രത്യക്ഷമാണ് തമസ് ക്രിയാവത്വാ രൂപവത്വാ തമൻ തമക്കൽ ചലം നീലം പരാവരവിഭാഗവത് പ്രസിദ്ധ ദ്രവ്യ വൈധർമ്യാത് നവഭ്യോ ഭേതുഹതി തർക്ക സംഗ്രഹത്തിൽ പഠിച്ചില്ലേ അല്ലേ തമഖലും ചലം നീലം പരാപര വിഭാഗവത് പ്രസിദ്ധ ദ്രവ്യവൈധർമ്യാത് നവഭ്യോ ഭേതു മർഹതി മീമാംസർ പറയുന്ന തമസ് നീല ഒരു കോളാണ് ചലിക്കുന്നാണ് രരത്വ ഗുണങ്ങളുണ്ട് ഇതെല്ലാം കൊണ്ട് അതിനെ നവദ്രവ്യങ്ങളിൽ നിന്നും ഭിന്നമായി ദ്രവ്യമായി സ്വീകരിക്കണമെന്ന് പറഞ്ഞു അപ്പോ തമസ്സിനെ ദ്രവ്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രകാശ അഭാവത്തിൽ സ്വീകരിക്കാം രണ്ട് അദ്വൈതയുടെ നിലപാടെന്താണ് തമസന്ന് പറയുന്നത് സുഷൃത്തിയില് ൂപത്തിൽ വിശേഷ വിജ്ഞാനത്തിന്റെ അഭാവമുണ്ട് ശരി തമസിന്റെ അനുഭവം സുഹൃത്തിയിലുണ്ടെന്ന് ഇങ്ങനെ മനസ്സിലാക്കുന്നു ജാഗ്രത്തിലിരുന്ന് സ്മരിക്കുന്നുണ്ട് അത് പറഞ്ഞു അജ്ഞാനം അത് തന്നെ തമസ് അജ്ഞാനമാകുന്ന തമസ് അജ്ഞാനത്തിന് തമസ്സെന്നും പറയും അത് ജാഗ്രത്തിൽ നിന്ന് സ്മരിക്കുന്നുകൊണ്ട് അത് അറിയാൻ പറ്റും കട്ടി പിടിച്ച ഇരുട്ട് എന്നല്ലേ പറയുന്ന അജ്ഞാനത്തിന് മറ്റേ തമസുപോലെ തന്നെ ഇവിടെ കാണുന്ന തമസു പോലെ അതാണ് അവിടെ പറഞ്ഞെന്താണ് ഭാവാഭാവാദിക തത്വീയ ദുഷ്ടാന്തിതം അവിദ്യ തേ ദൃഷ്ടാതി താദേശിക്ക അവിടെയും പറയുന്ന ഇത് തന്നെയാണ് തമസിനെ പറയുന്നിടത്ത് അല്ലെങ്കിൽ അജ്ഞാനത്തെ പറയുന്നിടത്ത് ഇവിടെ പകലാണെങ്കിൽ അത് തമസ് സുഹൃത്തിയിലാണെങ്കിൽ അജ്ഞാനം അവിടെ വിശേഷജ്ഞാനത്തിന്റെ അഭാവത്തെ സ്വീകരിക്കാം അദ്വൈതിക്ക് രണ്ടുമുണ്ട് അപ്പം ആ തമസ് അല്ലെങ്കിൽ അജ്ഞാനം സുഹൃത്തിൽ തമസ് എന്ന് പറയുന്ന അജ്ഞാനാണ് അതിനെ ജാഗ്രതത്തിൽ സ്മരിക്കുന്നു സമ്മതിച്ചു അപ്പൊ അവിടെയുള്ള വിശേഷജ്ഞാനത്തിന്റെ അഭാവത്തെ നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യുന്നു അതാണ് പൂർക്ഷി പറയുന്നത് അതിനെ നിങ്ങൾക്ക് ജാഗ്രത അനുമാനിക്കേണ്ടി വരും എന്ന് പറയും നിങ്ങൾ അവിടെ അംഗീകരിച്ചിരിക്കുന്നത് സ്മൃതി അതിന്റെ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിന്റെ സ്മൃതി അംഗീകരിച്ചപ്പോ അഭാവത്തെ നിങ്ങൾക്ക് ിക്കേണ്ടി വരും ഒന്ന് അങ്ങനെ അനുമാനിക്കുമ്പോ ഹേതു എന്ത് പറയും ജ്ഞാനസാമുദ്ര അഭാവാതെന്ന് തന്നെ പറയേണ്ടി വരും എന്താണ് തർക്കം അങ്ങനെ മനസ്സിലാകാം അതിന് വേറെ രീതിയിലും മനസ്സിലാകാം കാരണം നേരത്തെ പറഞ്ഞു സുഷിയില് അജ്ഞാനത്തെ ജ്ഞാനാഭാവമായി സ്വീകരിച്ചാലും അതിൻ്റെ നിർവികൽപ്പക ജ്ഞാനം ഉണ്ടാകും ജാഗ്രത വിശിഷ്ട സ്മൃതി ഉണ്ടാകും ദോഷമില്ലാന്ന് പറഞ്ഞു അതുപക്ഷെ അദ്വൈതി പറഞ്ഞല്ല താർക്കികൻ അദ്വൈതിയോട് പറഞ്ഞാണ് അഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാലും അവിടെ ജ്ഞാനം ഉണ്ടാകും ജാഗ്രത്തിൽ സ്മൃതി ഉണ്ടാകുന്നുണ്ട് സ്മൃതിയിൽ ജ്ഞാനം ഉണ്ടാകും ജാഗ്രത്തിൽ സ്മൃതി അഭാവത്തെ അറിഞ്ഞാൽ സ്മൃതി ഉണ്ടാകും എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞു അപ്പൊ ഇവിടെ പറയുന്ന എന്താണ് ഇവിടെ പറയുന്നത് ശരി അങ്ങനെ ഒരു നിർവികൽപ്പകജ്ഞാനത്തെ സ്വീകരിച്ചാലും ചുഴുത്തില്ല സ്വീകരിക്കുന്നു ജാഗ്രത അതിൻ്റെ സ്മൃതി ഉണ്ടാകത്തില്ല ർക്കിയൻ അങ്ങനെയും പറയാം കർക്കിയന് അദ്ദേഹിയോട് പറയാം നിങ്ങൾ അങ്ങനെ ഒരു സ്മൃതി ഉണ്ടാകത്തില്ല ജാഗ്രത്തിൽ പിന്നെ അനുമാനം തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും എന്തുകൊണ്ട് അതായത് ഇങ്ങനെ സ്വീകരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ സുഷുത്തിയിൽ ജ്ഞാനാഭാവത്തിന്റെ നിർവികൽപകജ്ഞാനമുണ്ടായി ജാഗ്രതത്തിൽ സ്മൃതി ഉണ്ടാകത്തില്ല വീണ്ടും നിങ്ങൾക്ക് അനുമാനം തന്നെ വേണ്ടിവരും എന്ന് താർക്കികൻ അദ്വൈതിയോട് പറയുന്നു എന്തുകൊണ്ടങ്ങനെ പറയുന്നു കാരണം താർക്കികൻ പറയുന്നത് നിർവികൽപ്പ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ സ്മരണമല്ലോ ഉണ്ടാകുന്നതും മറിച്ച് അനുമാനത്തിലൂടെയാണ് ശ്രദ്ധിക്കുന്നത് നിറവേൽപ്പജ്ഞാനം ഉണ്ടായിരുന്നു അതിനാണ് അനുമാനം പറഞ്ഞത് വിഷ്ടജ്ഞാനം വിശേഷജ്ഞാനം ഇഷ്ടജ്ഞാനത്വദണ്ഡി പുരുഷേരി വിഷ്ടജ്ഞാനവും തർക്കിയൻ അങ്ങനെ പറയാം എവിടെ അല്ല സുഷുപ്തിയിൽ അദ്വൈതി ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ സ്വീകരിക്കണം അഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ സ്വീകരിക്കണ്ടേ വിശിഷ്ടജ്ഞാനം ഇല്ലല്ലോ ഉണ്ടെന്ന് പറയൂ അതുപോലെ ഇപ്പൊ അദ്വൈതി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് മുമ്പ് എന്താ പറഞ്ഞത് ഗാഢം മൂഢോഹ മാസം എന്ന ഗിഞ്ചിതേ അത് രണ്ടായിട്ട് എടുക്കുക ഒരിടത്ത് പറയുന്നത് എന്താണ് ഗാഠം മൂടോഹമാസം ഞാൻ അറിഞ്ഞില്ലാന്ന് പറയുന്നില്ല പിന്നെയോ ഗാഠമൂടനായിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്തിനാ പറയുന്നത് അവരോ പിന്നെ പറയുന്നു കിഞ്ചിത് അപേക്ഷം എന്ന് പറഞ്ഞാൽ എന്താണു വിശേഷ വിജ്ഞാനം ഉണ്ടായില്ലെന്ന് എന്നെ രണ്ടായി പിരിച്ച േ ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഘടത്തെയും പടത്തെയും അറിഞ്ഞില്ലെന്നാണോ സുഖതുക്കളെ അറിഞ്ഞില്ലെന്നാണോ അപ്പൊ അതിഥി തന്നെ സമ്മതിക്കുന്നുണ്ട് വിശേഷ വിജ്ഞാനം ഉണ്ടായില്ല എന്നുവെച്ചാൽ ജ്ഞാനാഭാവത്തെ അംഗീകരിക്കുന്നുള്ളൂ ഈ ജ്ഞാനാഭാവത്തെ നിങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ അനുഭവിച്ചു നിർവില്പ്ഞാനം ഉണ്ടായി നെടുവില്പ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് സ്മരിക്കാൻ ഒക്കത്തില്ല എന്തേ സാധ്യമാവു അനുമാനേ സാധ്യമാവും അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ അനുമാനത്തെ സ്വീകരിക്കണം അനുമാനത്തെ സ്വീകരിച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ഹേതു പറയും ഞാൻ സാമഗ്രി അഭാവേണ്ടി വരും നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും ഒന്നത് മറ്റൊന്ന് നേരത്തെ പറഞ്ഞെന്താണ് എങ്ങനെ എങ്ങനെ സുഴുത്തിന് രണ്ടിനെയും സ്വീകരിക്കേണ്ടി വരും ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെയും ജ്ഞാനാപാതത്തെ സ്വീകരിക്കേണ്ടി വരും അനുമാനത്തിലുള്ള അവിടെ രണ്ടിനീ സ്വീകരിക്കണം സ്വീകരിച്ചേ പറ്റും ഇപ്പൊ ഞാനാഭാവം അതിന് ആ ഞാനാഭാവത്തെ എന്നുവെച്ചാ സുൽസിൽ അദ്വൈതി പറയുന്ന ഇതാണ് സുഹുത്തിയിൽ ഞങ്ങൾക്ക് ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടായി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി സാക്ഷി പ്രകാശിപ്പിച്ചു സാക്ഷി പ്രകാശിപ്പിച്ചു ജാഗ്രതയിൽ ഞങ്ങളതിനെ സ്മരിക്കുന്നു സമ്മതിക്കുന്നു സുഹൃത്തിയിൽ നിങ്ങൾക്ക് വിശേഷ വിജ്ഞാനം ഉണ്ടായോന്ന് വെച്ചാൽ എന്ത് പറയും ഇല്ല അത് നിങ്ങൾ ജാഗ്രതങ്ങനെ അറിയുന്നു അവിടെ അനുമാനത്തെ പറയേണ്ടി വരും ഇങ്ങനെ അദ്വൈതിയെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളും ഉണ്ട് അവസരമില്ലല്ലോ തമസിനെ അറിയാൻ വേണ്ടിയല്ല നിങ്ങൾ സുഷുതിയിൽ അജ്ഞാനത്തെ സ്വീകരിക്കുന്നു ഭാവരൂപത്തിൽ എങ്ങനെയാണോ ഭാവരൂപത്തിലുള്ള തമസ്സിനെ സ്വീകരിക്കുമ്പോ അവിടെ വെളിച്ചത്തിന്റെ അഭാവം വരുന്നത് അതുപോലെ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ സു സ്വീകരിക്കുമ്പോ വിശേഷ വിജ്ഞാനാഭാവം സ്വീകരിക്കേണ്ടി വരുന്നു ഇതൊക്കെ പറയുന്ന ജാഗ്രതല്ലേ സുഹൃത്തിൽ അല്ലല്ലോ പറയുന്നു ജാഗ്രതത്തിൽ വിശേഷ വിജ്ഞാനം ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും ജാഗ്രതത്തിലാണ് ചോദിക്കുന്നത് വിശേഷ വിജ്ഞാനം ഉണ്ടായോ ഇല്ല എന്ന ഗിഞ്ചിത വേദിഷ ഇന്ന് നിങ്ങൾ എങ്ങനെ പറയും അപ്പൊ പറയേണ്ടി വരും അനുമാനമാണ് അല്ല എങ്കിൽ പറയേണ്ടി ഞങ്ങൾ സുഷൃത്തിയിൽ ഞങ്ങളുടെ സാക്ഷി എന്തു ചെയ്തോ എങ്ങനെയാണോ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ അറിഞ്ഞത് ഞാൻ ആ രണ്ടും പറയേണ്ടി എന്നിട്ട് രണ്ടിനെ സ്മരിക്കുന്നു എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത് എന്താണ് ജ്ഞാനാഭാവ നിർവികൽപക സാക്ഷിവേദ്യത അനംഗീകാര ജ്ഞാനാഭാവം നിർവികൽപക സാക്ഷി നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് അംഗീകരിക്കാത്ത ജ്ഞാനാഭാവത്തെ സാക്ഷിവേദ്യമായി എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല ആ അധികം അതാണ് പറഞ്ഞത് നിർവികല്പക സാക്ഷി എന്ന് പറഞ്ഞു സാക്ഷി സ്വയം എന്താണ് നിർവികൽപകം ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടായെന്താവും കാരണം ജ്ഞാനാഭാവത്തിന്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് അനുയോഗ്യ പ്രതിയോഗി സാപേക്ഷമായ ജ്ഞാനമാണ് അപ്പൊ നിർവികൽപകമായ സാക്ഷിക്ക് എങ്ങനെ സവികൽപ്പക ജ്ഞാനം ഉണ്ടാവും നിങ്ങളുടെ അജ്ഞാനത്തെ ശരി സമ്മതിക്കും അജ്ഞാനത്തെ ഭാവരൂപത്തിൽ അജ്ഞാനമാണെങ്കിൽ അവിടെ അനുയോഗ്യ പ്രതിയോഗിയുടെ ആവശ്യമുണ്ട് അപ്പൊ അജ്ഞാനത്തിന്റെ നിർവികൽപക ജ്ഞാനം സൃഷ്ടിയിലുണ്ടാവും അംഗീകരിക്കാം അവിടെ അംഗീകരിക്കുമ്പോൾ നിരവികല്പത സാക്ഷിക്ക് എങ്ങനെ സവികല്പത ഞാനുണ്ടാവും അത് അത് പറയുന്നെന്താണവിടെ അങ്ങനെ വരുമ്പോൾ പറയേണ്ടി വരും ഭേദത്തെ പോലെ ജ്ഞാനാഭാവത്തിന്റെ നിർവികൽപം ഞാനുണ്ടായിരുന്നു സ്വീകരിക്കേണ്ടിവരും അത് താർക്കീയനാ പറഞ്ഞു അങ്ങനെ സ്വീകരിക്കേണ്ടി വരുമെന്ന് അത് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും എന്താണോ അതിന്റെ സ്മൃതി ഉണ്ടാവത്തില്ല നിർവേൽപ്പ് ഞാൻ ഇതിന് സ്മൃതി ഉണ്ടാവത്തില്ല അനുമാനം വേണ്ടിവരും അനുമാനം വേണ്ടിവരും അതൊന്നും പിന്നെ ഈ വിഷയം ഇതിന് സമാനം പറയുമ്പോ അദ്വൈതി പറയും ഞങ്ങൾക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല ഭേദത്തെ പോലെ നിർവേൽപ്പ് ഞാൻ സ്വീകരിക്കാൻ പറ്റിയില്ല എന്നി പറയും അതെന്തായാലും സ്വീകരിക്കാൻ പറ്റില്ല ഭേദത്തിന്റെ നിർവികൽപ്പം ഞാനുണ്ടാവുന്ന പോലെ ജ്ഞാനാഭാവത്തിന്റെ നിറവുകൾ ഞാനും അദ്വൈതിയെ സ്വീകരിക്കത്തില്ല അപ്പൊ തർക്കിനിവിടെ ചോദിക്കുന്നത് ആ സിദ്ധാന്തത്തെ നിന്നുകൊണ്ടാണ് ഏ അദ്വൈതി അവസാനം എന്ത് പറയൂന്നുള്ള ഇപ്പോഴേ പറഞ്ഞാ കുളുവായി കഥ കഥ തീർന്നത് പിന്നെ കഥയില്ല പിന്നെ പിന്നെ ഇനി ഇതൊരു ഇത് കേക്കാൻ ആരേയും കിട്ടത്തില്ലല്ലോ ഇപ്പൊ പൂർവം മാത്രം മനസ്സിലാക്കിയാൽ മതി ഞാൻ വേണ്ടേ ഭൂർവക്ഷം മാത്രം മതി എന്നാണ് ഭാഷകാരൻ എന്തു പറഞ്ഞു എന്നുള്ളതിന്റെ വ്യാഖ്യാനമാണ് ഈ പറയുന്നതെല്ലാം ഭാഷകാരൻ എന്ത് പറഞ്ഞു എന്നുള്ളത് ഇതിൽ നിന്ന് വേണം എന്ത് ചെയ്യുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഷ്യത്തിൽ പറഞ്ഞ അജ്ഞാനം എന്താണെന്നവിടെ വ്യാഖ്യാനിക്കണം ഭാഷികാരൻ അജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഭാവമാണോ അഭാവമാണോ അങ്ങനെയൊന്നുമല്ലല്ലോ ചർച്ച ചെയ്യുന്നു അജ്ഞാനം ഉണ്ടെന്ന് പറയും അതെന്താണ് ഭാവമാണോ അഭാവമാണോ ഭാഷകാരൻ ഇരട്ടിനെ കുറിച്ച് പറഞ്ഞു ഭാവമാണെന്നോ അഭാവമാണെന്നോ അല്ല പറഞ്ഞു അതുകൊണ്ടാണ് ആദ്യം ഇരട്ടിനെ കുറിച്ചെടുത്തിട്ടത് ചർച്ച ചെയ്യുന്നു ഇരട്ടിനെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തണം ഭാവമാണോ അഭാവമാണോ ആ ദൃഷ്ടാന്തത്തിലൂടെ എന്ത് ചെയ്യണം അജ്ഞാനത്തിൽ വന്നിട്ട് അത് ഭാവമാണ് ആ ഭാവമാണോ ചെയ്യുകയും പ്രശ്നങ്ങളൊക്കെ അവരിതിനൊക്കെ സമാനം പറയണം ഇതിലൊക്കെ അടിസ്ഥാനപരമായ ദോഷം ഞാൻ നേരത്തെ പറഞ്ഞു എന്താ തമസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം വന്ന ഏറ്റവും വലിയ തകരാറ് ഏഹ് താമസം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അവിടെ വരുമ്പോ പിന്നെ ആ വാദങ്ങളെല്ലാം പോയി അത് വരും നോക്കാം നമ്മള് പറഞ്ഞാലേ വരും ഇല്ലെങ്കിൽ വരത്തില്ല ഏഹ് പ്രശ്നമാകുമെന്ന് നോക്കാം പ്രശ്നാവൂന്ന് ഞാൻ നേരത്തെ പറയുന്നില്ല ജ്ഞാനത്തെ സംബന്ധിച്ച് ശരി പ്രശ്നമുണ്ടോ അജ്ഞാനത്തെ സംബന്ധിച്ച് പ്രശ്നമാണ് ജ്ഞാനത്തെ സംബന്ധിച്ച് നോക്കേ ജ്ഞാനത്തെ വേറൊന്നും പറയാനില്ല അജ്ഞാനത്തെ സംബന്ധിച്ച് വരുമ്പം ആണ് ഈ പ്രശ്നം വരുന്നത് ചർച്ച മുഴുവൻ അജ്ഞാനത്തെ സംബന്ധിച്ചാണ് അദ്വൈതി പറയുന്നത് ഏറ്റവും പ്രധാനമായ കാര്യം ഇതുവരെ പറഞ്ഞത് തമസ്സെന്ന് പറയുന്ന പ്രകാശവിരോധിയാണ് എന്ന് കേട്ടാ നമുക്ക് തോന്നും തമസ് വരുമ്പം പ്രകാശം നശിക്കുന്നു എന്നാണ് അതുപോലെ അജ്ഞാനത്തെ കുറിച്ചാണ് ഈ അജ്ഞാനം നാശത്തെ നശിപ്പിക്കും നശിപ്പിക്കും ആ നശിപ്പിക്കാത്ത രീതിയിലാണ് ഇതിനവസാനം മനസ്സിലാക്കാൻ ഇന്നെങ്കി അജ്ഞാനം എന്തു ചെയ്യും ഞാനത്തെ നശിപ്പിച്ചുകളെ അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് ഇവിടെ ഈ പറയുന്നതിൽ ഇത്രയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒന്ന് ഇതൊക്കെ മനസ്സിൽ ഗ്രഹിച്ചു വെക്കുക എന്ന് പറയുന്നത് ഒരു ജോലിയാണ് അദ്വൈതി പറയുന്നതനുസരിച്ച് സുഹൃത്തിയിൽ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ സ്വീകരിക്കുക അതോടൊപ്പം ഞാൻ ആ ഭാവത്തെയും അംഗീകരിക്കേണ്ടി വരും ഭാവരൂപ അജ്ഞാനത്തെ എങ്ങനെ അവിടെ എങ്ങനെ അറിഞ്ഞു സാക്ഷി ക്ഷി പറഞ്ഞോതാ ഞാൻ ഭാവരൂപമായൊന്നും ചോദിക്കരുത് ഏഷ്യാലേത് അത്തരം വിഷയമൊക്കെ അവസാനം ഇപ്പോഴേ അതിലൊക്കെ പോയതിന്റെ സീക്രട്ട് അങ്ങ് പോവും ചിതാഭാസനല്ല സാക്ഷി സാക്ഷി എന്ന് പറയുന്നത് ചിതാഭാസം തന്നെ ഇവിടെ ഇനി സാക്ഷി പ്രസാധനം ഒരു അധികാരമുണ്ട് അതടുത്ത് നമ്മൾ ചർച്ച ചെയ്യും എന്താണ് സാക്ഷിസന ആത്മാവ് തന്നെ ചുരുക്കി പറഞ്ഞാൽ സാക്ഷി എന്ന് പറയുന്നത് അവിടെ പ്രകാശിക്കുന്ന ആത്മാവ് തന്നെ അത് സാക്ഷി അറിവ് സാക്ഷി അവിടെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നമ്മൾ അവസാനം പറയത്തു വാദ്യം പറഞ്ഞ് നിങ്ങളുടെ രസം കളയത്തില്ല സാക്ഷി എന്ന് പറയുന്ന ജ്ഞാനം തന്നെ അറിവ് തന്നെ സാക്ഷി ചെയ്ത കേവലോ നിർഗുണസ്ഥ എത്രയോണന്ന് ശ്രുതി എത്രയോ അപ്പോ ആ സാക്ഷി അജ്ഞാനത്തിനെ അവിടെ വച്ച് സാക്ഷിഭാസ്യമാണ് സാക്ഷി ഗ്രഹിക്കുന്നു എന്ന് പറയുമ്പം അവിടെ വിശേഷജ്ഞാനത്തിന്റെ അഭാവത്തിൽ സ്വീകരിക്കുന്നു രണ്ട് രണ്ടിടപാടുണ്ട് അപ്പോ ജാഗ്രതയിൽ സാക്ഷി അനുസ്മരിക്കുന്നു വിശേഷജ്ഞാനാഭാവത്തെ സാക്ഷി ഗ്രഹിച്ചോ ഗ്രഹിച്ചു എന്ന് പറയുകയാണെങ്കിൽ പറയേണ്ടി വരും അവിടെ നിർവികൽപ്പക ഞാനം ഉണ്ടായെന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ജാഗ്രതത്തിലോ സ്മരിക്കുന്നു എന്ന് പറയണം അതൊരു ഭാഗം അപ്പോ താർക്കികൻ ചോദിക്കാം ഇവിടെ പറയണ് ഞാനാഭാവത്തിന്റെ നിർവികൽപ്പ്ഞാനം ഉണ്ടാകത്തില്ല പക്ഷെ വിശേഷജ്ഞാനം ഉണ്ടായില്ലെന്നാണ് നിങ്ങളിപ്പോൾ പറയുന്നത് അതങ്ങീകരിക്കേണ്ടിവരും അവദേശം ഞാൻ ഒന്നും പറഞ്ഞില്ല ഈ ഇപ്പോഴത്തെ ഈ അനുഭവത്തെ നിഷേധിക്കാൻ പറ്റില്ല ഇതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു പറയുന്നത് അനുമാനമാണ് എങ്ങനെ നിങ്ങൾ അനുമാനിക്കും ഹേതു എന്താ ഇത്രയും പ്രധാനമായി മനസ്സിലാക്കിയിരിക്കുന്നു നിർവ്ഞാനത്തെ സ്വീകരിച്ചാലും സ്മൃതി സംഭവിക്കത്തില്ല അതുകൊണ്ട് അനുമാനം വേണം അങ്ങനെ അപ്പോ അദ്വൈതി വിടുന്നു അദ്വൈതി അല്പം കൂടെ ഒന്ന് കടുപ്പിക്കുകയാണ് നൈയായികന്റെ അടുത്ത് സാധാരണ ഭാഷയിലും പറഞ്ഞ കാര്യം മനസ്സിലാകത്തില്ല അവസ്ഥാഭേദ സമ്പിന്ന ഭാവരൂപ അജ്ഞാന പരാമർശ സാമർത്ഥ്യ സിദ്ധത്തത് അനുഭവാദേവ തദ്വിരോധിനോ ജ്ഞാനസ്യഭാവ അനുമാനം അപ്പോഴോ ജ്ഞാനാഭാവത്തെ ഞങ്ങൾ അനുമാനിക്കുക എന്ന് എന്താ കുഴപ്പം അദ്വിതി പറയണ ജ്ഞാനാഭാവത്തെ ഞങ്ങൾ അനുമാനിക്കുന്നു എന്താണ് അവസ്ഥാഭേദസമ്പിന്ന ഭാവരൂപ അജ്ഞാനം അവസ്ഥാഭേദം എന്ന് വെച്ചാൽ സുഷുപ്തി അവസ്ഥാഭേദസംഭിന്നം എന്ന് വെച്ചാൽ അവസ്ഥാഭേദസംഭിന്ന ഭാവരൂപ അജ്ഞാനം എന്ന് പറഞ്ഞാൽ സുഷുപ്തി അജ്ഞാനം സുഷുപ്തി അജ്ഞാനം എന്ന് പറയുന്നത് സംഭിന്നം എന്ന് പറയുന്നത് അജ്ഞാനത്തിന് സുഷുപ്തി എന്നൊരു വിശേഷണം കൂടെ കൊടുക്കണം വിശേഷിതമായ അജ്ഞാനം അവസ്ഥാഭേദത്താൽ വിശേഷിപ്പിക്കപ്പെട്ടതായ അജ്ഞാനം എന്നുവെച്ചാൽ സുഷുപ്തി അജ്ഞാനം അതും എങ്ങനെയുള്ള അജ്ഞാനം ഭാവരൂപം സംഭിന്നം എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തിട്ടുണ്ട് വിശേഷിതം സുഷുപ്തി ഭാവജ്ഞാനം എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇത്രയും പറഞ്ഞെന്താണ് അവസ്ഥാപിയത് സമ്പിന്ന ഭാവരൂപാജ്ഞാനം എന്താണ് ഇത്രയും കടത്തി പറഞ്ഞത് ഏഹ് രൂപ ഭാവരൂപമാണ് ജാഗ്രതത്തിലെ അനുഭവം അല്ല സുഹൃത്തിയിലാണ് സാക്ഷി വേദ്യമാണ് അതിനെ സ്മരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അവസ്ഥാഭേത സുഷ്ടി സംഭിന്ന ഭാവരൂപാജ്ഞാനം എന്ന് വെച്ചാൽ സുഷുപ്തി അജ്ഞാനം അതിന്റെ പരാമർശ സാമർഥ്യ അതിന്റെ പരാമർശമുണ്ടല്ലോ അതിന്റെ സ്മൃതിയുണ്ട് അതിന്റെ സാമർഥ്യം കൊണ്ടെന്ന് പറയും സാധാരണ അന്യധാനോപത്യാ ഇങ്ങനെ ഒരു സ്മൃതി വരണമെങ്കിൽ അവിടെ ഭാവരൂപജ്ഞാനത്തെ അറിഞ്ഞിരിക്കണം സാമർത്ഥ്യസിദ്ധ എന്താണ് തദ്ഭവ എന്ത് സുഷുപ്ത എന്താണ് സുഷുപ്തി ഭാവാജ്ഞാനം അതിന്റെ അനുഭവ ദേവ അപ്പൊ ഇത്രയും കൊണ്ട് എന്ത് ചെയ്തു സുഷപ്തിയില് ഭാവരൂപാജ്ഞാനം സിദ്ധിച്ചു തദ്വിരോധനോ ജ്ഞാനസ്യ അഭാവ അനുമാനം അങ്ങനെയുള്ളൊരു കട്ടിപിടിച്ച അജ്ഞാന സുഷുതിയിലിരിക്കെ നേരത്തെ തമസിന്റെ കാര്യം പറഞ്ഞ പോലെ പറയണം തമസ് ഇങ്ങനെ കട്ടിപിടിച്ച് ദ്രവ്യമായിട്ടിരിക്കെ അവിടെ വെളിച്ചം ഇല്ല അതുപോലെ ഈ സുഷുതിയിൽ ഈ കട്ടിപിടിച്ച അജ്ഞാനത്തിന് വിരോധിയാണെന്ത് ജ്ഞാനം അതാണ് തദ്വിരോധിനോ ജ്ഞാനസ് വിരോധിജ്ഞാനം അതിന്റെ അഭാവം എന്ന് എന്താണ് സുഷ്ടത്തിയിൽ കട്ടിപിടിച്ച അജ്ഞാനം ഇരിക്കുന്നതുകൊണ്ട് അവിടെ ജ്ഞാനത്തിന് യാതൊരു ചാൻസും ഇല്ല എന്ന് നിങ്ങൾ അനുമാനിക്കുന്നു സുഹൃത്തിയിൽ കട്ടിപിടിച്ച അജ്ഞാനം ഇരിക്കുന്നതുകൊണ്ട് ജ്ഞാനത്തിന് നിൽക്കാൻ പറ്റില്ല എന്തുകൊണ്ട് വിരോധിയാണ് അജ്ഞാനം ജ്ഞാനത്തിന്റെ വിരോധിയാണ് അജ്ഞാനം അജ്ഞാനം ഇരിക്കുന്നിടത്ത് വിശേഷജ്ഞാനത്തിനിരിക്കാൻ കഴിയത്തില്ല എന്ന് ഞങ്ങൾ ജാഗ്രതൽ എന്നുവെച്ചാൽ സുഷുപ്തകാലീനാത്മാ ജ്ഞാനാഭവാൻ ഏതോന്തു പറയും കട്ടിപിടിച്ച അജ്ഞാനത്വം ശരിയായാ ഏ കട്ടിപിടിച്ച അജ്ഞാനം ഇരുന്നാ മറ്റേനെ ഇരിക്കാൻ പറ്റില്ല ഏ അത് പറഞ്ഞില്ലേ തോമസിനെങ്ങനെയാ തോമസ് എങ്ങനെയാ വെളിച്ചത്തിന് ഒരു വധിയാകുന്നു നേരത്തെ അത് പറഞ്ഞു അല്ല അത് അജ്ഞാനമല്ല അജ്ഞാനമല്ല അത് അഭാവമാണ് ജ്ഞാനാഭാവം അജ്ഞാനമല്ല അത് മനസ്സിലായില്ല തമസ്സെന്ന് പറയുന്ന വെളിച്ചത്തിന്റെ അഭാവമല്ല തമസൊരു ദ്രവ്യമാണ് അതാണ് അതിനെ സ്ഥാപിച്ച ആദ്യം മനസ്സിലായോ തമസെന്ന് പറയുന്നൊരു ദ്രവ്യമാണ് അത് വെളിച്ചത്തിന് വിരോധിയായത് കൊണ്ട് അത് വന്നുകഴിഞ്ഞാൽ എന്തു ചെയ്യും വെളിച്ചത്തിന്റെ അഭാവം അവിടെ കാണും അതുപോലെ ഇവിടെ എന്തു വരുന്നു ഭാവരൂപമായ അജ്ഞാനം അവിടെ ഇരിക്കുന്നു അത് സാക്ഷി അതിനെ സാക്ഷി അതിന് സാക്ഷിയാണ് അപ്പൊ അവിടെ ഒരു കാരണവശാലും എന്താണ് ഞാനുണ്ടാകത്തില്ല ഇല്ലെങ്കിൽ അവിടെ ഞാൻ അഭാവമാണ് അപ്പം ഞങ്ങൾ അനുമാനം നടത്തും തുഴുത്തകാലീനാത്മ ഞാൻ അഭാവാൻ കട്ടിപിടിച്ച ജ്ഞാനത്വാം ശരിയായോ ജ്ഞാനസ്യ അഭാവാനുമാനം എന്ന് പറഞ്ഞാൽ അതാണ് അല്ല അജ്ഞാനാനുഭാവ അനുമാനം എന്നല്ല വിശേഷവിജ്ഞാനത്തിന്റെ അഭാവത്തെ അനുമാനിക്കുന്നു ഹേതു എന്താണ് സാക്ഷിസിദ്ധമായ ഭാവരൂപ അജ്ഞാനാണ് ഹേതു ജ്ഞാനസത്വ തദ്വിരോധിനോ ജ്ഞാനസ്യഭാവം ജ്ഞാനാഭാവൊന്നല്ലോ തമസിന് വിരോധിയാണ് വെളിച്ചം അജ്ഞാനത്തിന് വിരോധിയാണ് ജ്ഞാനം സാക്ഷിശുദ്ധജ്ഞാനം അജ്ഞാനം അജ്ഞാനം എങ്ങനെ ജ്ഞാനമാകുന്നത് അതല്ലേ പറഞ്ഞു സാക്ഷിനാസിദ്ധം സാക്ഷിയാണ് അതിന് സാക്ഷി ഏതിന് അജ്ഞാനത്തിന് ഏത് സാക്ഷിസിദ്ധാവുന്ന അജ്ഞാനം സാക്ഷി സ്വയം ജ്ഞാനം സാക്ഷി സ്വയം ജ്ഞാനം ആ ജ്ഞാനത്തെ ചെയ്യുന്നു സാക്ഷി പ്രകാശിപ്പിക്കുന്നു ഏത് ഇവിടെ പറയുന്ന വിശേഷവിജ്ഞാനം വിശേഷ വിജ്ഞാനത്തിന് അജ്ഞാനം വിരോധിയാണ് മനസ്സിലായോ വിശേഷമായ വിജ്ഞാനം അവിടെ ഉണ്ടാകത്തില്ല അതിനജ്ഞാനം വിരോധിയാവും സാക്ഷി അജ്ഞാനത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും സാക്ഷി സ്വയം പ്രകാശം തന്നെ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സാക്ഷി മറ്റൊന്ന് വിശേഷ മറ്റൊന്ന് കട്ടിപിടിച്ചം കട്ടിപിടിച്ച അജ്ഞാനം എന്ത് ചെയ്യും വിശേഷ വിജ്ഞാനത്തിന് നശിപ്പിക്കും അവിടെ നിൽക്കാൻ പറ്റില്ല സാക്ഷി എന്ത് ചെയ്യുന്നു ഈ കട്ടിപിടിച്ച അജ്ഞാനത്തെ പ്രകാശിപ്പിക്കും അങ്ങനെ മൂന്നെണ്ണം സൃഷ്ടിക്കുന്നു അപ്പോ ഉം നിരവധി സാക്ഷിജ്ഞാനത്തിന് ബ്രഹ്മത്തിന് അജ്ഞാനത്തിന് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ താർഗ്യം പറയുന്ന ഈ പണി കൈയിരിക്കട്ടെ ഇത് നടക്കുന്ന കാര്യമല്ല എന്തുകൊണ്ട് ഭാവരൂപാജ്ഞാനസ് തത് പരാമർശ പരമ്പ്രതി അധ്യാപ്യസിദ്ധത്വ നിങ്ങളീ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല താർഗയും പറയുന്നത് എന്താണ് നിങ്ങളെന്താണ് പറയുന്നത് അവിടെ ഒരു കട്ടിപിടിച്ച അജ്ഞാനം വിശേഷ വിജ്ഞാനത്തെ നശിപ്പിച്ചു സാക്ഷി അതിനെ പ്രകാശിപ്പിക്കുന്നു ഈ പറഞ്ഞ നമ്മുടെ ചർച്ചയെന്താണ് ആദ്യം കട്ടിപിടിച്ച അജ്ഞാനം ശ്രദ്ധിക്കുക എന്നുള്ളത് അത് ഇതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ ഞാനെന്തെന്നുള്ളതാണ് നമ്മുടെ ചർച്ച ആ ചർച്ചയുടെ ഇടയ്ക്ക് നിങ്ങളെ പറയണത് അവിടെ ഒരു കട്ടിപിടിച്ച അജ്ഞാനം വിശേഷജ്ഞാനാഭാവം സാക്ഷി അപ്പോൾ ആദ്യം എന്ത് വേണം ഈ അജ്ഞാനത്തെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് ഈ കണക്കെല്ലാം പറയാം അതാണ് ഭാവരൂപാജ്ഞാനസ്യ ഭാവരൂപാജ്ഞാനം തത് പരാമർശ്യ അതിന്റെ സ്മൃതി പരമ്പ്രതി ഞങ്ങളെ സംബന്ധിച്ച് അധ്യാപ്യസിദ്ധത്വ ഇതുവരെ ഞങ്ങൾക്കതൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങളീ പറയുന്നു ഞങ്ങൾക്കത് ശ്രദ്ധിച്ചില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധ പറയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളടുത്ത് സംസാരിക്കുന്നു ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞാൽ പോരെ കാര്ത്തിനോട് സംസാരിക്കുമ്പോ എന്താണ് സുഷുപ്തിയില് വിശേഷജ്ഞ ഒരു ഭാവരൂപ അജ്ഞാനമുണ്ട് വിശേഷജ്ഞാനത്തിന് വിരോധിയാണെന്ന് പറയണമെങ്കിൽ അതിനൊന്നും എന്ത് ചെയ്യണം അജ്ഞാനത്തെ അവിടെ സമർത്ഥിക്കണം ഇവിടെ ഇപ്പം നിങ്ങൾ രണ്ടജ്ഞാനത്തെ കൊണ്ടുപോകും ഒന്ന് ഭാവരൂപത്തിലുള്ള അജ്ഞാനവും അഭാവരൂപത്തിലുള്ള അജ്ഞാനം ആ അഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ സമർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് പറഞ്ഞു അവിടെ ഒരു ഭാവരൂപാജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഉണ്ടോന്നാണ് നമ്മുടെ ചർച്ച അതിന് സമർത്ഥിക്കുന്നതിന് മുമ്പ് അതിനെ അംഗീകരിച്ചുകൊണ്ട് ഭാവരൂപത്തിലുള്ള അജ്ഞാനമുണ്ട് പിന്നെ സാക്ഷി ഇതെല്ലാം കൂടെ പറഞ്ഞങ്ങനെ ശരിയാവും അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നും സിദ്ധമല്ല അതുകൊണ്ട് അഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ ആദ്യം ശ്രദ്ധിക്കുക പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുക ഇതിപ്പോ ഒരു അജ്ഞാനത്തെ ശ്രദ്ധിക്കാൻ പോയിപ്പോ അജ്ഞാനം രണ്ടായി അദ്ദേഹം ഇപ്പുലിവാരി പിടിച്ചപ്പോ രണ്ടജ്ഞാനം പറഞ്ഞപ്പോ ഇപ്പൊ രണ്ട് ശ്രദ്ധിക്കാതെയായി അങ്ങനെ താർഗ്യം പറയും ഇവിടെ ആദ്യം ഇത്രേ ചിന്തിച്ചുള്ളൂ സുഹൃത്തിയിൽ അജ്ഞാനം ഭാവരൂപമാണോ അഭാവരൂപമാണോ അതും ഇനി പറഞ്ഞു പറഞ്ഞു തന്നപ്പോ രണ്ടായി ഏത് ഭാവരൂപായി അഭാവരൂ ഈ രണ്ടായപ്പോ ഇപ്പൊ രണ്ട് ശ്രദ്ധിക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം